മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്കാണ് വന്നിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അതിനെക്കുറിച്ചുള്ള അധ്യായമാണ് ഈ കാര്യങ്ങൾ വളരെ അടുത്ത് നിന്ന് കണ്ട പത്രോസിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ച മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ീ ഈ ക്രൂശീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിലെ ചില കാര്യങ്ങളെ നോക്കാം ഇവിടെ ഇതാ പതിനഞ്ചാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആദ്യകാലത്ത് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപസംഗമൊക്കെ കൂടി ആലോചിച്ച് യേശുവിനെ പീലാത്തോസിനെ ഏൽപ്പിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ അതിൻ്റെ തലേ അധ്യായത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ മഹാപുരോഹിതൻ്റെ മുമ്പിലും മൂപ്പന്മാരും ശാസ്ത്രിമാരും ഒക്കെ കൂടെ ചേർന്ന് ന്യായാധിപ സംഘമൊക്കെയും കൂടെ വന്ന് യേശുവിനെ ആ നിലയിൽ വിസ്തരിക്കുകയും അവനെക്കുറിച്ച് ആ നിലയിൽ വിചാരണ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് സത്യത്തിൽ അന്ന് നിലവിലിരുന്ന നിയമം ഒരു തടവുകാരനെയും രാത്രിയിൽ വിചാരണ ചെയ്യുകയോ അല്ലെങ്കിൽ വിസ്തരിക്കുകയോ ചെയ്യാൻ പാടില്ല ആ കല്പന ആ വ്യവസ്ഥ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മഹാപുരോഹിതൻ്റെ അടുക്കലും ഒക്കെയും കൊണ്ടുവതിരികേം കർത്താവിനെ ആ നിലയിലെ വിചാരണ നടത്തുകയും ഒക്കെ ചെയ്തത് രാത്രിയിലായിരുന്നു അത് നടന്നത് അതുകൊണ്ടാണല്ലോ പത്ര ദിവസമൊക്കെ തീ കാഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നതും ഒക്കെ പതിനാലാമത്തെ അധ്യായത്തിന്റെ അൻപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുക രാത്രിയിലായിരുന്നു ആ വിചാരണ എന്ന പ്രഹസനം അവരെ നടത്തിയത് എന്നാൽ നമുക്കറിയാവുന്നതുപോലെ അന്ന് ഇസ്രായേൽ നാട് ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭരണപരമായ നേതൃത്വം ഉണ്ടായിരുന്നത് റോമാക്കാർക്കായിരുന്നു റോമാക്കാര് അവരുടെ ഭാഗത്ത് എന്തെല്ലാം തെറ്റുകൾ അവർ നിയമങ്ങൾ വളരെ കർശനമായിട്ട് പാലിക്കാൻ ആ കാര്യത്തിൽ ശ്രദ്ധയുള്ള ആളുകളായിരുന്നു നമുക്കറിയാമല്ലോ ഈ റോമൻ ആ ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പല നിലയിൽ പിന്നീട് ആധുനിക ലോകത്തിന് നിയമങ്ങളും ശിക്ഷാരീതികളും ചട്ടങ്ങളും ഒക്കെ ഈ എന്ന് നമുക്കറിയാം അപ്പോൾ ഈ റോമക്കാർ അന്ന് മുതലേ തന്നെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ചിട്ടയനുസരിച്ച് ചെയ്യുന്നതിൽ താല്പര്യമുള്ളവരായിരുന്നു അതനുസരിച്ച് അവരുടെ നോട്ടത്തിൽ രാത്രിയിൽ ഒരു തടവുകാരനെ ആ നിലയിൽ വിചാരണ നടത്തുന്നത് ശരിയല്ല പകൽവെട്ടത്ത് അവനും പറയാനുള്ളത് കേട്ട് അവന്റെ മുൻപാകെ സാക്ഷികളെ നിർത്തി ആ സാക്ഷികളെ ശരിയാണോ പറയുന്നത് എന്ന് ന്യായാധിപൻ തീരുമാനിച്ച് അങ്ങനെ വളരെ ന്യായയുക്തമായ ഒരു വിചാരണ നടത്തണം എന്നാണ് റോമൻ ചട്ടം അപ്പം ഈ റോമൻ ചട്ടം പാലിക്കാൻ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ന്യായാധിപ സംഘവും ഒക്കെയും അവരെ യഹൂദന്മാരായ അവർ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവർ നേരം വെളുത്തപ്പോൾ തന്നെ യേശുവിനെ യേശുവിനെ ഇതാ അവിടെ പീലാത്തോസിൻ്റെ മുൻപാകെ ഹാജരാക്കുന്നു പീലാത്തോസാണ് ആ റോമൻ ഗവർണർ റോമൻ ഭരണത്തിൻ്റെ ആ നിലയിലുള്ള അധികാരിയായിട്ട് റോമക്കാരനായ പീലാത്തോസാൻ്റെ മുൻപാകെയാണ് യേശുവിനെ ഹാജരാക്കുന്നത് അത് നേരം പുലർന്നപ്പോൾ അപ്പോൾ പകല് മാത്രമാണ് പീലാത്തൂസിന്റെ മുമ്പില് ഈ വിചാരണ നടക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തലേ രാത്രി തങ്ങൾ നടത്തിയ ആ വിചാരണ പ്രവസനയ്ക്ക് ഒരു നിയമസാധുത കിട്ടാൻ വേണ്ടി നേരം വെളുത്തപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു യേശുവിനെ പീലാത്തൂസിൻ്റെ മുൻപാകെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെ തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താ അവിടെ യഹൂദന്മാർ അവരുടെ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുന്നത് റോമൻ ഒരു രീതിയായിരുന്നു അതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഈ യേശുവിനെ തന്നെ അങ്ങ് വിട്ടു എന്ന് പറഞ്ഞപ്പോൾ അവനെ ക്രൂശിക്ക പകരം ഞങ്ങൾക്ക് ബറബാസിനെ മതി എന്ന് അവർ പറയുന്നു ഒടുവിലെ പീലാത്തോസ് ഒരു നമ്മൾ വായിക്കുന്നിടത്തോളം അദ്ദേഹം ഒരു നട്ടലുള്ള ഒരു ന്യായാധിപനായിരുന്നില്ല അദ്ദേഹം തൻ്റെ സ്വന്തം കസേര കിളക്കമുണ്ടാകരുത് എന്നുള്ള നിലയിൽ കാര്യങ്ങളെ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് പീലാത്തോസ് ഒടുവിൽ ഈ യഹൂദന്മാരുടെ നിലവിളിക്ക് ഉത്തരമായിട്ട് ബറബാസിനെ തന്നെ വിട്ടുകൊടുക്കുകയും യേശുവിനെ ക്രൂശിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മളതിൻ്റെ പതിനഞ്ച് വരെയുള്ള ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലെ കാണുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യേശുവിനെ കുറിച്ച് അവര് കൊണ്ടുവന്നപ്പോൾ പീലാത്തോസ് ചോദിക്കുന്നു ഈ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചപ്പോൾ യേശു അത് ഞാനാകുന്നു എന്ന് തന്നെ ഉത്തരം പറഞ്ഞു അന്നത്തെ രീതി അനുസരിച്ച് യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞാൽ അന്ന് ആ രാജ്യം ഭരിക്കുന്നത് അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഭരണ നേ നേതൃത്വം റോമാക്കാർക്കാണ് അപ്പം റോമൻ സർക്കാരിനെതിരെ ഉള്ള ഒരു രാജ്യദ്രോഹപരമായ ഒരു കാര്യമായിട്ട് യഹൂദന്മാരുടെ രാജാവ് എന്നൊരാൾ പറഞ്ഞാൽ അതിനെ കണക്കിലെടുക്കും അപ്പോൾ കർത്താവായി യേശു ക്രിസ്തു ഒരളവില് രാജ്യദ്രോഹമാണ് ചെയ്തത് എന്ന് വരുത്താൻ വേണ്ടിയാണ് പീലാത്തോസോ നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു യേശു ആ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വ്യക്തതയോടെ പറയുന്നു അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടിയില്ല കർത്താവ് പ്രായണ പീലാത്തോസിൻ്റെ മുൻപാകെ നിശബ്ദത പാലിക്കുകയായിരുന്നു പക്ഷേ ഈ ചോദ്യം തന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഞാനാകുന്നു എന്ന് കൃത്യമായിട്ട് തന്നെ യേശു പറയുന്നു എന്നാൽ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്തെന്ന് അന്ന് റബാസിനെ വിട്ടു കൊടുക്കണം എന്ന് പറയുമ്പോൾ ബറബാസ് എന്താ ബറബാസിനെ കുറിച്ച് അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു കലഹത്തിൽ കുല ചെയ്തവനായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറബാസ് എന്നു പേരുള്ള ഒരുത്തൻ എന്നാണ് അവനെ വായിക്കുന്നത് നമ്മൾ പലപ്പോഴും ബറബാസിനെ ഒരു കൊലപാതകൻ എന്ന് പറയുമെങ്കിൽ പോലും അവനെന്തോ കൊള്ളയോ കവർച്ചയോ ആ നിലയിൽ നടത്തിയുള്ള ഒരു കൊലപാതകനാണ് എന്നാണ് കരുതുന്നത് എന്നാൽ അന്ന് നിലവിലിരുന്ന റോമൻ ഭരണത്തിനെതിരെ കലഹിച്ച ഒരു കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ബറഭാസ് അങ്ങനെ കലഹക്കാരോടുകൂടെ പിടികൂടപ്പെട്ട ബറഭാസാണ് അപ്പൊ ബറബാസിനെ സംബന്ധിച്ചു എന്ത് പറയാം അതായത് റോമക്കാരുടെ ദൃഷ്ടിയിലെ ബറബാസും എന്താണ് അവിടെ നിലവിലിരുന്ന ഭരണത്തിനെതിരെ ഒരു ആ നിലയിൽ മത്സരിക്കുകയും ആ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ് ബറബാസ് അപ്പൊ ബറബാസിനെയും എന്ത് പറയാം രാജ്യദ്രോഹിയാണ് എന്ന് പറയാം അപ്പൊ കണ്ടോ കർത്താവായ യേശു റോമൻ സർക്കാരിനെതിരെ മത്സരിക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കുമ്പോ തന്നെ ബറബാസ് ആ നിലയില് റോമൻ ഭരണത്തിനെതിരെയും മത്സരിച്ച് ആ നിലയിൽ എല്ലാ നിലയിലും കുറ്റവാളിയാണ് എന്ന് ആ നിലയിൽ സ്ഥാപിക്കപ്പെട്ട ഒരാളെയാണ് വെറുതെ വിടാനായിട്ട് അവർ ആ ഒടുവിൽ ആ പീലാത്തോസ് അത് ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ആ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ബറബാസിനെ വെറുതെ വിടുന്നു ഇവിടെ ബറബാസിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക ബറഭാസിന് പകരം ആര് മരിച്ചത് കൊണ്ടാണ് ബറഭാസിന് സ്വാതന്ത്ര്യം കിട്ടിയത് യേശു ക്രൂശിക്കപ്പെട്ടതുകൊണ്ടാണ് ബറഭാസിന് സ്വാതന്ത്ര്യം കിട്ടിയത് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചും നമ്മൾ ആരുടെ പാക ആരെ ആരുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് നമ്മളും ബറഭാസിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് നമുക്ക് പകരമാണ് കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവും മരിച്ചത് കൊണ്ട് ബനവാസിന് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞതുപോലെ യേശു നമുക്ക് വേണ്ടി നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ഈ നിലയിൽ ദൈവികമായ ആ ന്യായവിധിയെ ഒഴിഞ്ഞു പോകാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ടത് നമുക്ക് സമാധാനം ലഭിച്ചത് എല്ലാം നമുക്ക് കർത്താവ് മരിച്ചത് ബറബാസിന് പകരം കർത്താവ് ആയ യേശുക്രിസ്തു മരിച്ചത് കൊണ്ട് ബറഭാസിന് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ആ ബറഭാസിന്റെ സ്ഥാനം നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് പറയാം എനിക്ക് വേണ്ടിയാണ് എനിക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയാണ് കർത്താവ് മരിച്ചത് കർത്താവ് മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ ബറബാസിന് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല എന്ന് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എടുക്കാവുന്ന ചിന്ത നമുക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത് യശയാവിന്റെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണല്ലോ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി നമുക്ക് സമാധാനം ശിക്ഷ അവന്റെ അടിപ്പിണുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നമുക്ക് സൗഖ്യം അവന് അടി കണ്ടോ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് ഈ പങ്കപ്പാടുകളേറ്റത് എന്നുള്ള കാര്യം വളരെ വ്യക്തതയോടെ നമുക്ക് അവിടെ നിന്നാ മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് ബറബാസ് ബർബാസ് ആ തടവിൽ നിന്ന് മോചിതനായി തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് താൻ നടക്കുമ്പോ പറയുന്നത് എനിക്ക് പകരം ആ നസ്രയനായ യേശു മരിച്ചത് എനിക്കിന്ന് ഈ സ്വാതന്ത്ര്യം കയ്യാളാനായിട്ട് കഴിയുന്നത് എന്നുള്ള നന്ദി അതായിരിക്കും അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ വാക്കുകളിലും വരുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്കും പറയാനായിട്ട് കഴിയുന്നത് നമുക്ക് കർത്താവായി യേശു ക്രിസ്തു മരിച്ചത് കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം ലഭിച്ചേക്കുന്നത് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് ഈ നന്ദിയോടെ ഇത് കേവലം ലോകത്തിൻ്റെ മുഴുവൻ ആ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു മരിച്ചു എന്ന് പൊതുവായി ചിന്തിക്കുന്നതിന് പകരം എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് ചിന്തിച്ചു എന്ന് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് പറയാം വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എനിക്ക് വേണ്ടി എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവന് അടിപ്പിണരുകൾ ഏറ്റു എനിക്ക് സൗഖ്യം ലഭിച്ചു ആ നന്ദിയോടെ നമുക്ക് ആയിരിക്കാം മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ പീലാത്തോസ് റോമൻ ഗവർണർ അവൻ്റെ ഒരു ഇരട്ടത്താപ്പ് നയം നമുക്ക് കാണാനായിട്ട് കഴിയും പതിനഞ്ചിൻ പതിനഞ്ചിൻ്റെ പതിന പതിനഞ്ചാമത്തെ വാക്യം പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി ഒരുത്തുവാൻ ഇച്ഛിച്ചിട്ട് ബറവാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചെമ്പട്ടിക്കൊണ്ട് അടുപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് നോക്കുക പീലാത്തോസ് റോമൻ ഗവർണർ എന്നുള്ള നിലയിൽ ന്യായാധിപൻ എന്നുള്ള നിലയിൽ എല്ലാം നീതിയായിട്ട് ചെയ്യേണ്ടതാണ് എന്നിട്ട് ആ പീലാത്തോസ് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുകയും ബെർവാസിനെ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്താണെന്നാണ് അവിടെ ദൈവജനം രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ നോക്കുക കോടതി കോടതി അല്ലെങ്കിൽ ന്യായാധിപൻ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാനാണോ പെരുമാറേണ്ടത് അല്ല പുരുഷാരം എന്ന് പറഞ്ഞാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതിയുടെ അടിസ്ഥാനത്തിൽ പെരുമാറാനാണ് ഒരു ന്യായാധിപനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ പക്ഷെ ഇവിടെ പീലാത്തോസ് ഒരു ഫീരുവിനെ പോലെ പുരുഷാരത്തിൻ്റെ സമ്മർദ്ദത്തിന് മുമ്പാകെ അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നു ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പീലാത്തോസിനെ അറിയാമായിരുന്നു യേശുവിനെ അവരെ അസൂയ കൊണ്ടാണ് ഏൽപ്പിച്ചത് എന്നറിയാമായിരുന്നു പതിനഞ്ചിൻ്റെ ഒൻപതാം വാക്യം മഹാപുരോഹിതന്മാർ അസൂയ അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞു എന്നിട്ട് യേശുവിനെ ആ നിലയിൽ വിചാരണയൊക്കെ നടത്തിയിട്ടും എന്താ അവനിൽ ഒരു കുറ്റവും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല പത്താം ഏഴു ദിവസുശേഷം ഇരുപത്തി ഏഴിൻ്റെ ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നത് ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് വെള്ളമെടുത്ത് കൈ കഴുകിയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ താൻ തന്നെ വിസ്തരിച്ചിട്ടൊരു കുറ്റവും കാണുന്നില്ല വേണമെങ്കിൽ യേശു യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് വ്യക്തിപരമായി ചോദിച്ചതിന് ആകുന്നു എന്ന് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിനേക്കാൾ രാജ്യദ്രോഹപരമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽനാട് ഭരിച്ചുകൊണ്ടിരുന്ന റോമൻ സർക്കാരിനെതിരെ കുറേ പേരെ കൂട്ടി കലഹമുണ്ടാക്കി ആ കലഹത്തിൽ കുല വ്യക്തമായും രാജ്യദ്രോഹിയാണ് റോമൻ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ രാജ്യദ്രോഹിയാണ് എന്ന് പറയാവുന്ന ബറബാസിനെയാണ് യേശുവിന് പകരം വിട്ടുകൊടുക്കുന്നത് എന്നിട്ട് യേശുവിനെയാണ് പീലാത്തോസ് ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിക്കുന്നത് കണ്ടോ അവിടെയെല്ലാം പീലാത്തോസിൻ്റെ ഇരട്ടത്താപ്പ് നയം നമുക്ക് കാണാനായിട്ട് കഴിയും താൻ തനിക്ക് തന്നെ അറിയാമായിരുന്നു യേശു ഒരു കുറ്റവും ചെയ്തില്ല എന്നറിയാമായിരുന്നു പുരോഹിതന്മാർ അസൂഹ്യ കൊണ്ടാണ് ഏൽപ്പിച്ചത് എന്നറിയാമായിരുന്നു എന്ന് തന്നെയല്ല നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് യേശുവിൻ്റെ അടുത്ത് പീലാത്തോസിൻ്റെ ഭാര്യ തന്നെ ീലാത്തോസിന്റെ ഭാര്യ തന്നെ അവിടെ ഈ നീതിമാൻ്റെ രക്തത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് താൻ അവിടെ ഒരു സന്ദേശം അയക്കുന്നതായിട്ടാണ് നമ്മളെ കാണുന്നത് ഈ കാര്യം മർക്കോസിൻ്റെ സുവിശേഷത്തില് കാണുന്നില്ല എന്നാല് നമ്മൾ പത്തൊൻപതാമത്തെ വാക്യമാണ് ഒൻപതാമത്തെ വാക്യമല്ല ഈ മത്തായി എഴുതിയ സുശേഷം ഇരുപത്തി ഏഴിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ പീലാത്തോസിന്റെ ഭാര്യ തന്നെ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു അപ്പോൾ ഇതാ നോക്കുക പീലാത്തോസിനെ നേരിട്ടറിയാമായിരുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വെള്ളമെടുത്ത് കൈ കഴുകി ആ കാര്യം താൻ പരസ്യമായിട്ട് പ്രസ്താവിക്കുന്നു അതുപോലെ തന്നെ പുരോഹിതന്മാരെ അസൂയ കൊണ്ടാണ് ഏൽപ്പിച്ചത് എന്ന് നമുക്ക് ഒൻപതിൽ പതിനഞ്ചിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തേഴിൻ്റെ പതിനെട്ടിലും അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് പീലാത്തോസ് ഗ്രഹിച്ചിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ തനിക്ക് ആ ബോധ്യങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ന്യായത്തിന് വിരുദ്ധമായിട്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ബറബാസിനെ വെറുതെ വിടുകയും ചെയ്തത് നമ്മളാ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് പോലെ അന്ന് ഈ യഹൂദ നാടിനെ റോമൻകാർ ഭരിച്ചിരുന്നെങ്കിലും അവർ റോമൻ പ്രതി പ്രതിനിധിയായിട്ട് ന്യായാധിപനായിട്ടോ ഗവർണറായിട്ടോ ഒക്കെ വരുന്നവർക്ക് കൊടുക്കുന്ന സൂചന കഴിയുന്നതും ഈ യഹൂദന്മാരെ പ്രകോപിപ്പിക്കരുത് അവരെ എങ്ങനെയെങ്കിലും ആ അടിമത്വത്തിൽ നിൽക്കണം അവരെ വല്ലാതെ പ്രകോപിപ്പിക്കരുത് കാരണം അവരെ അങ്ങനെ പ്രകോപിപ്പിച്ച് ഈ റോമൻ ഭരണത്തിനെതിരെ ഒരു വലിയ മത്സരത്തിന് വരാൻ ഇടയാകരുത് എന്നൊരു നിർദ്ദേശമാണ് റോമൻ ഭരണകൂടം യഹൂദ നാടിന്റെ ഗവർണർമാർക്ക് നൽകിയിരുന്നത് അത്ര അതുകൊണ്ട് പീലാത്തോസ് ഇവിടെ വിചാരിച്ചു ഈ പുരുഷാരത്തിന് തൃപ്തിയില്ലെങ്കിൽ അല്ലെ മഹാപുരോഹിതന്മാർക്ക് തൃപ്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ യഹൂദന്മാർക്ക് തൃപ്തിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അവരെ തീർച്ചയായിട്ടും തനിക്കെതിരെ റോമൻ സർക്കാരിന് പരാതി നിരന്തരം കൊടുക്കും താൻ യേശുവിനെ വെറുതെ വിടുകയും ബർബാസിനെ ക്രൂശിക്കുകയും ചെയ്താൽ അവര് വെറുതെ ഇരിക്കുകയില്ല തനിക്കെതിരെ അവർ പരാതികളയക്കുകയും ഒക്കെ ചെയ്യും ഫലത്തിൽ തൻ്റെ ഈ സ്ഥാനം നഷ്ടപ്പെടും കസേര നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ് താന് ഈ പുരുഷാരത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കാരണം എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് പ്രിയപ്പെട്ടവര് നമ്മൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും ഇവിടെ ഈ പീലാത്തോസ് ഈ നിലയിൽ താന് അങ്ങനെ കൈ കഴുകി മാറുമ്പോൾ തന്നെ താന് ഇതിന് ഉത്തരവാദിയല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഗവർണർ എന്നുള്ള നിലയിൽ ന്യായാധിപൻ എന്നുള്ള നിലയിൽ പീലാത്തോസിൻ്റെ തന്നെ മുകളിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ ഈ ചരിത്രം നോക്കുമ്പോൾ പീലാത്തോസ് സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി ഈ നിലയിൽ ഇങ്ങനെ പെരുമാറിയെങ്കിലും പക്ഷേ ചരിത്രം പറയുന്നത് ഈ സംഭവത്തിന് ശേഷം എ ഡി മുപ്പത്തഞ്ചിൽ റോമാക്കാരുടെ തന്നെ റോമൻ സർക്കാരിൻ്റെ തന്നെ അപ്രീതിക്ക് പീലാത്തോസ് പാത്രമാവുകയും പീലാത്തോസിനെ അവരെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് ചുരുക്കിയ കാലം മാത്രമേ പീലാത്തോസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ റോമൻ ഗവർണർ എന്നുള്ള നിലയിൽ എ ഡി മുതൽ മുപ്പത്തഞ്ച് വരെ അതിലെ കർത്താവായ യേശു ഈ നിലയിൽ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് താനങ്ങനെ യഹൂദന്മാരുടെ പ്രിയം പിടിച്ചുപറ്റി തനിക്കെതിരെ പരാതി പോവുകയില്ല തനിക്ക് കസേര എന്നും തനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ന്യായരഹിതമായ ഒരു വിധി നടത്തി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ മറ്റേതോ കാരണത്താൽ റോമൻ സർക്കാരിൻ്റെ അപ്രീതിക്ക് പീലാത്തോസ് പാത്രമാവുകയും പീലാത്തോസിനെ ഏഴി മുപ്പത്തഞ്ചിൽ തന്നെ പെട്ടെന്ന് പിരിച്ചുവിടുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് എന്ന് ഇങ്ങനെ പിരിച്ചുവിട്ടതിൻ്റെ ഭാഗമായിട്ട് പീലാത്തോസ് താൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കുക യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് രണ്ടു പേർ ആത്മഹത്യ ചെയ്യുന്നു ഒന്ന് ഇസ്കരിയോത്ത യൂതയാണ് യേശുവിനെ കാണിച്ചു കൊടുത്ത യൂത കെട്ടി ഞാന്ന് യേശുവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസ് അവന് അവൻ്റെ കസേര സംരക്ഷിക്കാനായിട്ട് അങ്ങനെ ചെയ്തെങ്കിലും ദൈവത്തിൻ്റെ നീതി അവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അതിൻ്റെ ഫലമായിട്ട് അവന് ആത്മഹത്യ ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നോക്കുക യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്ന ഈ ഇസ്കരിയോത്ത യൂത ആകട്ടെ പീലാത്തോസ് ആകട്ടെ അങ്ങനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി അവരൊരുപക്ഷേ അനുദപിച്ചിരുന്നെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും അവരെ സ്വീകരിച്ചതിനേ ആയിരുന്നു ഇസ്കരിയോത്ത യൂതയാകട്ടെ പീലാത്തോസ് ആകട്ടെ പിന്നത്തേല് അനുദപിച്ചിരുന്നെങ്കിൽ പത്രോസിനെ പോലെ കർത്താവ് വീണ്ടും അവരെ കൈക്കൊള്ളുമായിരുന്നു എന്നാൽ അവർ നിരാശപ്പെട്ടു പോയി അവർ ആത്മഹത്യയിലൊക്കെയും തേടി ഇത് നമുക്ക് തരുന്ന ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും നമ്മൾ നിരാശപ്പെടരുത് കർത്താവിൻ്റെ കരുണയുടെ വാതിൽ തുറന്നു കിടക്കുന്നു നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അകലത്തിലേക്ക് ഒരു മനുഷ്യനും കടന്നു പോകാനായിട്ട് കഴിയില്ല അതുകൊണ്ട് എന്തെല്ലാം തെറ്റുണ്ടായാലും കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലാനായിട്ട് കഴിയും എന്നാൽ ഇതേ അധ്യായത്തിൽ തന്നെ കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരാളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അത് കുറേനക്കാരനായ ഷിമോനാണ് കുറയനക്കാരനായ ഷിമോൻ പതിനഞ്ചിന്റെ ഇരുപത് നോക്കുക കുറയനക്കാരനായ ഷിമോൻ അവിടെ വായിക്കുന്നത് റൂഫോസ് അലക്സാന്തറിൻ്റെയും റൂഫോസിൻ്റെയും പിതാവായ കുറയനക്കാരനായ ഷിമോൻ കർത്താവിൻ്റെ ക്രൂശെടുക്കാനായിട്ട് പടയാളികൾ നിർബന്ധിച്ചു ക്രൂശെടുത്ത് യേശുവിനെ അവന് നുഗമിച്ചു എന്നെല്ലാണ് നമ്മളവിടെ കാണുന്നത് ഇവിടെ നമ്മൾ മർക്കോസ് അലക്സന്ദറിൻ്റെയും റൂഫസിൻ്റെയും പിതാവ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഈ സുവിശേഷം ചെല്ലുന്ന ഒന്നാം നൂറ്റാണ്ടിലെ സഭയില് ഇവര് എല്ലാവർക്കും അറിയാവുന്നവരായിരുന്നു എന്ന് വ്യക്തമാണ് ചുരുക്കത്തിൽ ഈ കുറേനക്കാരനായ ചീമോനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യം അദ്ദേഹം കുറേനക്കാരനാണ് കുറേന എന്ന് പറയുന്ന ഉത്തരാഫ്രിക്കയിലെ ഒരു സ്ഥലമാണ് കറുത്ത വർഗ്ഗക്കാരനാണ് പക്ഷേ യഹൂദ മതാനുസാരിയാണ് കർത്താവിൻ്റെ ക്രൂശ് ചുമ്പാനായിട്ട് അവർ നിർബന്ധിച്ചു അങ്ങനെയാണ് അത് ചെയ്തതെങ്കിലും അതിൻ്റെ ഫലമായിട്ട് അവനും കുടുംബവും അവരെ കർത്താവിനെ പിൻപറ്റുന്നവരായി തീർന്നു റോമർക്കെഴുതിയ ലേഖനത്തിലെ പതിനാറിൻ്റെ പതിമൂന്ന് നോക്കുക കർത്താവി പ്രസിദ്ധനായ റൂഫോസിനും അവൻ്റെ അമ്മയായ എനിക്കും അമ്മയായ അമ്മയെ വന്ദനം ചെയ്യുവേൻ എന്നാണ് റോമർ പതിനാറിൻ്റെ പതിമൂന്ന് പറയുന്നത് അപ്പോൾ എന്ത് പറ്റി ഈ കുറേനക്കാരനായ ഷിമോൻ നിർബന്ധത്താലാണ് കർത്താവിനെ പിൻപറ്റിയതെങ്കിലും അവൻ്റെ കുടുംബം കർത്താവിൽ പ്രസിദ്ധരായിത്തീർന്നു അലക്സന്ദർ റൂഫസ് കുറേനക്കാരനായ ഷിമോൻ്റെ ഭാര്യ അമ്മ പൗലോസ് പറയുന്ന എനിക്കും അമ്മയാണ് അപ്പോൾ അങ്ങനെ കർത്താവിനെ പിൻപറ്റിയാൽ നഷ്ടം വരികയില്ല നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അത്ര മനസ്സോടെ ഒന്നും അല്ലെങ്കിൽ പോലും സാഹിത്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് യേശുവിൻ്റെ പിന്നാലെ വരുന്നതോ അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ പോകുന്നതോ എങ്കിലും ആ ക്രൂശെടുത്ത് നടന്നാൽ നമുക്ക് നഷ്ടം വരികയില്ല നമ്മളും നമ്മുടെ കുടുംബവും ആ നിലയിൽ അനുഗ്രഹീതരായിത്തീരും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈസ്കരിയോത്ത യൂതായെയും പീലാത്തോസിനെയും അവർ നഷ്ടമായി പോയതിൻ്റെ ഉദാഹരണം കുറേനക്കാരനായ ശിമോൻ അനുഗ്രഹീതനായതിൻ്റെ ഒരു സാക്ഷി പോലെ നിൽക്കുന്നു നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറയുന്നക്കാരനായ ശിമോനെ പോലെ അനുഗ്രഹീതരായി കർത്താവിന്റെ പിന്നാലെ ക്രൂശിയെടുത്ത് അനുഗമിക്കാം കർത്താവ് ഈ ഈ കാര്യങ്ങൾ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഉത്സാഹത്തിന് വേണ്ടിയാണ് നിലയിൽ നമുക്ക് എടുക്കാം ഈ അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രൂശീകരണത്തിന്റെ കർത്താവ് സഹിച്ച കഷ്ടങ്ങളുടെ ക്രൂശുമരണത്തിൻ്റെ ഒരു നേർചിത്രവും അതിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് അത് വിശദീകരിക്കുന്നതും ഒക്കെയാണ് വായിക്കുന്നത് ഇവിടെ നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എത്ര കൃത്യമായിട്ടാണ് നടന്നത് എന്ന് നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ലാത്ത ഒരു കാര്യം മാത്രം ഇതിനോടുള്ള ബന്ധത്തിൽ വളരെ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം കർത്താവായ യേശു ഇവിടെ ഇതാ താന് കർത്താവിനെ കുറിച്ച് നമ്മൾ ഒന്ന് കോരിൻ്റെ അഞ്ചിന്റെ ഏഴിൽ കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നത് അവൻ നമ്മുടെ പെസഹ കുഞ്ഞാട് എന്നാണ് കർത്താവിനെ പറയുന്നത് അപ്പോ പെസഹ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ യഹൂദന്മാര് പെരുന്നാളിന് ആ നിലയില് ഒരു ആടിനെ അറുക്കുന്നത് അതിൻ്റെ വി വിവരണങ്ങള് നമ്മള് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ അതിൻ്റെ രണ്ടാമ മൂന്നാമത്തെ വാക്യം നോക്കുക അവരെന്ത് വേണം പത്താം തീയതി ആ അവരെ ആ മാസത്തിന്റെ പത്താം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോ ആട്ടിൻകുട്ടി എടുക്കണം എന്നിട്ട് അവരെ ആ ആട്ടിൻകുട്ടി എന്തായിരിക്കണം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം പുറപ്പാട് പന്ത്രണ്ടിൻ്റെ അഞ്ച് ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം എന്നിട്ട് ഈ ആട്ടിൻകുട്ടിയെ എന്നാണ് അറുക്കേണ്ടത് പതിനാലാം തീയതിയാണ് അറുക്കേണ്ടത് ആറാമത്തെ വാക്യം അപ്പൊ ചുരുക്കത്തിൽ കണ്ടോ പത്താം തിയതി ഒരു ആട്ടിൻകുട്ടിയെ വേർതിരിക്കണം എന്നിട്ട് പതിനാലാം തീയതിയാണ് ഇതിനെ അറുക്കേണ്ടത് ഈ ആട്ടിൻകുട്ടിയെ നാല് ദിവസം എന്ത് വേണം അതിനെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അതിന് എന്തെങ്കിലും ഊനമുണ്ടോ എന്തെങ്കിലും കോട്ടമുണ്ടോ എന്നുള്ള കാര്യം അവരെ ആ നിലയില് വളരെ ശ്രദ്ധയോടെ നോക്കണം ഈ നിലയിലാണ് അന്ന് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾക്ക് പെസഹിക്ക് ആടിനെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്ത ആ ചട്ടത്തില് പറയുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോഴെ ഒരു ആ ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ പത്താം തിയതി ഒരു ആട്ടിൻകുട്ടിയെ വേർതിരിക്കുന്നു പതിനാലാം തീയതി അതിനെ അറുക്കുന്നു അപ്പോ എത്ര ദിവസം അവരെ ഈ ആടിനെ ശ്രദ്ധിക്കണം നാല് ദിവസം ഈ ആട്ടിൻകുട്ടിയെ ശ്രദ്ധിക്കണം കൃത്യമായിട്ട് പറഞ്ഞാൽ കർത്താവായ യേശു ഇവിടെ യഹൂദന്മാരും റോമൻ ഗവർണറും അല്ലെങ്കിൽ ജാതികളും മറ്റു കുറ്റവാളികളും മറ്റെല്ലാവരും കർത്താവായി യേശു ക്രിസ്തുവിനെ നാല് ദിവസമാണ് അവർ ആ നിലയിൽ ശ്രദ്ധിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ കർത്താവ് ഇവിടെ വരുന്നത് ബഥാന്യയിൽ പെസഹ പെരുന്നാളിന് ആറ് ദിവസം മുൻപേ വന്നു എന്ന യോഹന്യന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ കർത്താവ് അവിടെ ബധാന്യ അതായത് എലിശലൈമിനിൽ നിന്ന് രണ്ട് നാഴിക അകലെയുള്ള ആ ബധാന്യയിൽ പെസാ പെരുന്നാളിന് ആറ് ദിവസം മുമ്പേ വന്നു ആറ് ദിവസം മുമ്പേ വന്നു എന്നിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത് നമ്മളാ പന്ത്രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശു അടുത്ത ദിവസം ആറ് ദിവസം മുമ്പേ ബഥാനിയയിൽ വന്നു അടുത്ത ദിവസം അതായത് അഞ്ചാമത്തെ ദിവസം അന്ന് എരുശലേമിലേക്ക് വരുന്നു എരുശലേമിലേക്ക് വന്ന് അവിടെ വന്നെങ്കിലും അന്ന് യേശു മടങ്ങിപ്പോയി മടങ്ങിപ്പോയിട്ട് നമ്മൾ പിന്നെയും വായിക്കുന്നു അവിടെ പിറ്റേ ദിവസം വീണ്ടും യേശു എരുസലേമിൽ എത്തുന്നു അപ്പോ പിന്നെ യേശു കൊല്ലപ്പെട്ടതിന് എത്ര ദിവസം ബാക്കിയുണ്ട് ിവസം ബാക്കിയുണ്ട് ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് കരുതുന്നു പ്രസവപ്പെരുന്നാളിന് ആറ് ദിവസം മുമ്പ് ബഥാന്യയിലെത്തി ബഥാന്യയിൽ എത്തിയിട്ട് അടുത്ത ദിവസം എരുശലേമിൽ വന്നു മടങ്ങിപ്പോയി അത് കഴിഞ്ഞ് പിറ്റേന്നും യരുശലേമിൽ വന്നു അങ്ങനെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് നാല് ദിവസം കർത്താവ് എവിടെ ഉണ്ടായിരുന്നു എറുശലേമിൽ ഉണ്ടായിരുന്നു എരുശലേമിൽ കർത്താവ് ആ നാല് ദിവസങ്ങളില് ആരുടെ ശ്രദ്ധയ്ക്ക് വിധേയനായി ആ നിലയിലുള്ള യഹൂദന്മാരായ ആ ആളുകളുടെ ഏർ പുരോഹിതന്മാര് അല്ലെങ്കിൽ സേവകര് ഇവരുടെ ഒക്കെ ആ പെസായ കുഞ്ഞാടിനെ പത്താം തീയതി വേർതിരിച്ചു പതിനാലാം തീയതി ഇറക്കുന്നു നാല് ദിവസം എല്ലാവരും അവനെ ആ ആട്ടിൻകുട്ടിയെ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഇതാ കൃത്യം നാല് ദിവസം യേശുവിനെ അറുക്കുന്നതിന് മുമ്പ് ആട്ടിൻകുട്ടിയെ അറുക്കുന്നത് പോലെ കർത്താവിനെ ക്രൂശിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നാല് ദിവസം എരിശിലേമിൽ കർത്താവ് എല്ലാവരുടെയും ദൃഷ്ടിക്ക് എല്ലാവരും അവനെ പല നിലയില് ശ്രദ്ധിച്ചു കൊണ്ടാണ് ഒരു ഊനവും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല നമ്മൾ കർത്താവിനെതിരെ വന്ന സാക്ഷികളെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഒരു ഊനവും അവനിൽ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല പീലാതോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് ഒന്ന് കോരിന്തോർ അഞ്ചിൻ്റെ ഏഴിലാണ് ഈ ശിവനെ നമുക്ക് വേണ്ടിയുള്ള പെസഹ കുഞ്ഞാടാണെന്ന് പറയുന്നത് ആ പെസഹ കുഞ്ഞാട് പുറപ്പാട് പന്ത്രണ്ടിൽ നമ്മൾ വായിച്ച പോലെ ആ ചട്ടമനുസരിച്ച് നാല് ദിവസം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ആ വിധേയനായി പക്ഷെ ആർക്കും അവനിൽ ഒരു കുറ്റവും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല ഒടുവിൽ പതിനാലാം തീയതി ഈ കുഞ്ഞാടിനെ അറുക്കുന്നത് നാല് ദിവസം എരുസലേമിൽ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വിധേയനായി ആ നാല് ദിവസത്തെ ഒടുവിൽ കർത്താവിത ക്രൂശിക്കപ്പെടുന്നു ഇതാണ് നമ്മളവിടെ കാണുന്നത് നോക്കുക കർത്താവായി യേശു ഒരു കുഞ്ഞാടിനെ പോലെ വായെ തുറക്കാതെയിരുന്നു രശിയാവിന്റെ പുസ്തകം അൻപത്തി മൂന്നിന്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവിടുന്ന് വായെ തുറക്കാതെ നാല് ദിവസം യഹൂദ പുരോഹിതന്മാർ റോമൻ ഗവർണർ എല്ലാവരും അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പക്ഷേ അവനിലൊരു ഊനവും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല ഈ കർത്താവാണ് നമ്മുടെ പസ കുഞ്ഞാട് അവൻ നമുക്ക് വേണ്ടി തീർന്നു മർക്കോസിന്റെ സുശേഷം പത്താം അധ്യായം നാൽപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കർത്താവ് തന്നെ പറയുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് റാൻസപ്പ് ഒരു തുക കൊടുത്ത് ഒരാളെ വിടുവിടുവിക്കാനായിട്ട് കൊടുക്കുന്നതാണ് റാൻസം എന്ന് പറയുന്നത് മറുവില എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ് വിമോചിപ്പിച്ചത് കർത്താവ് ഒരു മറവിലെ ആയി തീർന്നുകൊണ്ട് ആരെയാണ് വിമോചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മളെ ഓരോരുത്തരെയും ആണ് അതുകൊണ്ടാണ് ഒന്ന് കൊരിന്തി ഏഴിൽ പറയുന്നു നമ്മുടെ പെസഹ കുഞ്ഞാട് ഇറക്കപ്പെട്ടു അന്ന് നമുക്കറിയാമല്ലോ ഇസ്രായേൽ മക്കൾ ആ പെസഹ കുഞ്ഞാടിന്റെ രക്തം കുറുമ്പടി വാതിൽമേലും പുരട്ടുമ്പോ ആ കട്ടിളക്കാലിന്മേലും പുരട്ടുമ്പോൾ സംഹാരദൂതനെ കടപ്പാനായിട്ട് കഴിഞ്ഞില്ല അപ്പോ സംഹാരദൂതൻ്റെ ആ നിലയിലുള്ള സംഹാരത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടു പക്ഷെ ആര് മരിച്ചു ആ കുഞ്ഞാട് മരിച്ചു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി റാൻസമായി തീർന്ന മറുവിലയായി തീർന്ന നമ്മുടെ പെസഹ കുഞ്ഞാടാണ് കർത്താവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വായെ തുറക്കാതെ ഒരു ആടിനെ പോലെ ആ ശിക്ഷകളെ ഏറ്റെടുത്തു ഈ കർത്താവിനോടുള്ള നന്ദി നമുക്കുണ്ടാവണം നമ്മള് വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നോക്കാം അതിൻ്റെ പതിനഞ്ചിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പതിനഞ്ചിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തില് അവരെ മൂപ്പന്മാരൊക്കെ പരിഹസിക്കുന്നു അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ യേശു തന്നെത്താൻ രക്ഷിപ്പാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനേയും നമ്മളെ രക്ഷിക്കാൻ കഴിയാതെ പോയേനേം കണ്ടോ അപ്പൊ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് തന്നെത്താൻ രക്ഷിച്ചില്ല അവരെ പരിഹസിച്ച് പറഞ്ഞത് യാഥാർത്ഥ്യമായി തീർന്നു നമുക്കും ഇന്ന് മറ്റുള്ളവരെ രക്ഷിക്കാൻ നമ്മളെന്തായി തീരണം മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെത്താനെ നമ്മളെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചാൽ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് കഴിയുകയില്ല കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആ ഒരു കാര്യമാണിത് പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ അവർ പറയുന്നു ശ്വസിക്കേണ്ടതിന് അപ്പൊ കണ്ടോ അവരെ കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ അവർ പറയുന്നത് എന്താ കണ്ടാലേ ഞങ്ങൾക്ക് വിശ്വസിക്കാനൊക്കെ ഉള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം എന്തുവാ വിശ്വസിക്കുക അപ്പോൾ കാണാം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രമാണം പതിനഞ്ചെൻ്റെ മുപ്പത്തിനാലിൽ വരുമ്പോൾ യേശു ഏലി ഏലി ലമാശഭക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ടാ ദൈവമേ എന്ന് വിളിക്കുന്നത് പിതാവേ എന്ന് വിളിക്കാതെ കാരണം യേശുവിൻ്റെ മേൽ ഈ ലോകത്തിന്റെ മുഴുവൻ നമ്മുടെ മുഴുവൻ പാപം ചുമത്തിയപ്പോൾ പാപത്തെ കാണാൻ പോലും കഴിയാത്തവനായ വലിയവനായ ദൈവം അവൻ എന്നു ദൃഷ്ടി മാറ്റിയപ്പോ പിതാവേ എന്ന് വിളിക്കാൻ കഴിയാതെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് കർത്താവ് നിലവിളിക്കുന്നതാണ് നമ്മളെ കാണുന്നത് പക്ഷെ കർത്താവിൽ എന്തില്ലായിരുന്നു പാപത്തിന്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ലോകത്തിൻ്റെ പാപത്തെ അവൻ്റെ മേൽ ചുമത്തി രണ്ട് കോരിന്ത്യർ അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് നമുക്കറിയാമല്ലോ ആ നിലയിൽ അവനെ പാപമാക്കി തീർത്തു ആർക്കു വേണ്ടി പാപമറിയാത്തവനെ നമുക്ക് പാപമാക്കി തീർത്തു അതിൻ്റെ ഒരു നിലവിളിയാണ് ഹൃദയം തകർന്നുള്ള ഒരു നിലവിളിയാണ് പതിനഞ്ചിൻ്റെ മുപ്പത്തി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് ആ നിലവിളി പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സംക്ഷേപിച്ചാൽ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചാണ് യേശു നമുക്ക് വേണ്ടി മറവിലെ ആയിത്തീർന്നത് ആ പെസഹ കുഞ്ഞാടായി തീർന്നു നമുക്ക് പകരമായിട്ട് പത്താം ദിവസം വേർതിരിക്കപ്പെട്ട ആ കുഞ്ഞാട് പതിനാലാം തീയതി അതിനെ ആ നിലയില് അറുക്കുന്നത് നാല് ദിവസം കർത്താവും എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വിധേയനായി ഇവനിൽ ഒരു ഊനവുമില്ല എന്ന് സാക്ഷ്യം പ്രാപിച്ചു ആ കർത്താവ് നമുക്ക് ആ മറവിലയായി തീർന്നു നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നു നമുക്ക് യേശു കാൽവറി ക്രൂശിൽ മരിച്ചത് എന്ന വ്യക്തിപരമായ ബോധ്യത്തോടെ നന്ദിയുള്ളവരായിട്ട് നമ്മുടെ ശിഷ്ട ജീവിതം ഈ സ്നേഹത്തിൻ്റെ ആ നിലയിൽ കർത്താവിനായിട്ട് സമ്പൂർണമായിട്ട് ജീവിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം കർത്താവും നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമി